എന്നാൽ അവരെ രക്ഷിച്ചുകഴിഞ്ഞാൽ ഉടനെ അവർ ഭൂമിയിൽ സത്യമില്ലാതെ അതിക്രമം കാണിക്കുന്നു ഓ മനുഷ്യരെ നിങ്ങളുടെ അതിക്രമം നിങ്ങളുടെ സ്വന്തം ശരീരങ്ങൾക്കെതിരെയുള്ളതാണ് ഇത് ഐഹിക ജീവിതത്തിലെ താൽക്കാലിക സുഖം മാത്രമാണ് പിന്നീട് നിങ്ങളുടെ മടക്കം ഞങ്ങളിലേക്കാണ് അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെക്കുറിച്ച് നാം നിങ്ങൾക്ക് വിവരിച്ചുതരും